അള്ളാഹു സുബാനഹുഅറ്റ ആല ദൂതന്മാരെ ഒരുമിച്ചു കൂട്ടുന്ന ദിവസം നിങ്ങൾക്ക് എന്ത് മറുപടി ലഭിച്ചു എന്ന് ചോദിക്കും അവർ പറയും ഞങ്ങൾക്കറിവില്ല തീർച്ചയായും അദൃശ്യകാര്യങ്ങളെല്ലാം അറിയുന്നവൻ അങ്ങ് മാത്രമാകുന്നു